യേശുക്രിസ്തു ബാധകളെ മാറ്റുന്നവൻ എന്ന വിഷയമാണ് നമ്മുടെ ഈ വർഷത്തെ കൺവെൻഷന്റെ മുഖ്യ ചിന്താവിഷയം യേശുക്രിസ്തു ബാധകളെ മാറ്റുന്നവൻ അത് രോഗബാധയാകാം ആപത്തുകളുടെ ബാധയാകാം കോപത്തിന്റെ ബാധയാകാം ദുശീലങ്ങളുടെ ബാധയാകാം അപകടങ്ങളുടെ ബാധയാകാം പ്രകൃതിക്ഷോഭങ്ങളുടെ ബാധയാകാം കൊടുങ്കാറ്റുകളുടെയും ചുഴലിക്കാറ്റുകളുടെയും ബാധയാകാം ഭൂകമ്പത്തിന്റെ ബാധയാകാം മഹാവ്യാധികളുടെ മഹാമാരികളുടെ ബാധയാകാം പലതരം ബാധകൾ കഴിഞ്ഞ വർഷം ഈ നാടാകെ പടർന്നു പിടിച്ചത് നമ്മുടെ കേരളക്കരയെ നടക്കിയതായ ഒരു വലിയ ബാധയായിരുന്നു ചിക്കൻകുനിയ എന്ന് പറയുന്നതായ ഒരു ഭയാനകമായ രോഗം അതുമൂലം അന്ന് കഷ്ടപ്പെട്ടവര് ഇന്നും തുടർന്ന് കഷ്ടപ്പെടുന്നവർ അനേകരുണ്ട് നമ്മുടെ ഈ കേരളക്കരയിൽ തന്നെ കഴിഞ്ഞ ദിവസം മദ്രാസിലെ എം ഡിക്ക് പഠിക്കുന്ന നമ്മുടെ കൂട്ടത്തിലുള്ള ഒരു യുവാവ് എന്നെ വിളിച്ചറിയിച്ചു മദ്രാസിലുമെല്ലാം ഇക്കൊല്ലം ചിക്കൻകുനിയ വരുന്നതായി കാണുന്ന ചില രോഗികൾ അവരുടെ ഹോസ്പിറ്റലിലെ മെഡിക്കൽ കോളേജിൽ ചികിത്സിക്കുക ചെല്ലുന്നവരിൽ അങ്ങനെ ചിക്കൻകുനിയെ ബാധിച്ചവരെ കാണുകയുണ്ടായി കേരളത്തിൽ നിന്ന് വന്ന ആ ചെറുപ്പക്കാരന് ഡോക്ടർക്ക് അദ്ദേഹത്തിന് അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിച്ചു അവിടെ ചിക്കൻകുനിയ അവിടെ അത്രയ്ക്ക് പ്രചാരമായിരുന്നു പക്ഷെ ഇദ്ദേഹത്തിന് കേരളത്തിൽ നിന്ന് പോയിരുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അത് മനസ്സിലാക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് പെട്ടെന്ന് ചികിത്സകൾ കൊടുക്കാനെല്ലാം സാധിച്ചു എന്ന് പറയുകയുണ്ടായി ചില ബാധകൾ ചില രോഗങ്ങൾ ചില വ്യാധികൾ ചില കെടുതികൾ ചില കഠിനമായ യാതന വിഷയങ്ങളെല്ലാം എല്ലാം നമ്മുടെ പലരുടെയും ജീവിതത്തെ അലങ്കോലപ്പെടുത്തുന്നുണ്ട് അലോസരപ്പെടുത്തുന്നുണ്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നുണ്ട് നാം വിഷമത അനുഭവിക്കുന്നുണ്ട് ബാധകൾ പ്രിയപ്പെട്ട ശ്രീ യു ടി ഇപ്പോൾ പ്രസംഗിച്ചപ്പോൾ അതിന്റെ ചില വ്യാപകമായ രീതിയിലുള്ളതായ അർത്ഥത്തിന്റെ തലങ്ങൾ വിവരിച്ച് പറയുകയുണ്ടായി ാധകൾ അത് എങ്ങനെയെല്ലാമാണ് മനുഷ്യ ജീവിതത്തിൽ വരുന്നത് എന്ന് കൊലപാതകമായിട്ടോ വിചാരമായിട്ടോ പരസംഗമോഹമായിട്ടോ ബ്ലൂഫിലി ആയിട്ടോ അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിലെ കടന്നു നിന്ന് ഇന്റർനെറ്റിൽ കയറി ചീത്ത പടങ്ങൾ കണ്ട് ചീത്ത പടങ്ങൾ രസിച്ച് സമയം പാഴാക്കുന്നതും മൂലമോ പല പല ദുശീലങ്ങൾ കടിമകളായതും മൂലമോ മറ്റേ എല്ലാവിധത്തിലും ബാധകൾ വരാവുന്നതാണ് എന്നിങ്ങുള്ളതായ കാര്യങ്ങൾ െല്ലാം ഗ്രഹിക്കുകയും കേൾക്കുകയും ചെയ്യുകയുണ്ടായി യേശു ക്രിസ്തു ബാധകളെ മാറ്റുന്നവൻ ഞാൻ ഇന്ന് നിന്നല്ല ഇനി വരും ദിവസങ്ങളിലും ഈ വിഷയത്തിന്റെ വിവിധ വശങ്ങൾ പറയാനാണ് ആഗ്രഹിക്കുന്നത് അത് ഞാൻ എന്തെങ്കിലും പ്രസംഗിക്കുക ഞാൻ ആഗ്രഹിക്കുന്നത് നാം ഇതുവരെയും അറിഞ്ഞിട്ടുള്ളതും പക്ഷേ അറിഞ്ഞിട്ടില്ലാത്തതുമായ ചില ബാധകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോകണമെന്നാണ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് അത് വിട്ടുപോകണമെന്നാണ് സാധിക്കും നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരുന്നാൽ കാരണം ബാധകൾ മാറ്റാൻ അധികാരമുള്ളവനായ ക്രിസ്തു ബാധകൾ മാറ്റാൻ ശക്തിയുള്ളവനായ ക്രിസ്തു അവിടുന്ന് നമ്മുടെ മധ്യത്തിലേക്ക് വന്നിട്ടുണ്ട് ഇവിടെ നമ്മുടെ ഈ ഫെലോഷിപ്പിനുള്ളൊരു പ്രത്യേകത ഏതെങ്കിലും ഒരു സഭയുടെ ഫെലോഷിപ്പ് അല്ല ഇത് ഞാന് ഓർത്തഡോക്സ് സഭയിലെ ഒരു അംഗമാണ് ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരം പറഞ്ഞ ശ്രീ യു ടി ജോർജ് യാക്കോബായ സഭയിലെ ഒരു അംഗമാണ് ഇന്ന് രണ്ടും രണ്ട് വിഭാഗമായിട്ട് നിൽക്കുകയാണല്ലോ ഇന്ന് ഉച്ചയ്ക്ക് സാക്ഷ്യം പറഞ്ഞ മോൻസിയുടെ ഭാര്യ ജിജി മോൻസി മാർത്തോമ ഇവാചരിക്കൽ സഭയിലെ ഒരംഗമാണ് നാളെ സാക്ഷ്യം പറയാൻ പോകുന്ന ദുബായിൽ നിന്ന് വന്ന ജോസ് മാർത്തോമ സഭയിലെ ഒരു അംഗമാണ് അടുത്ത ദിവസം സാക്ഷ്യം പറയാനിടയുള്ള ഡോക്ടർ സി പി ജോൺ മാർത്തോമ സഭയിൽ ഇവാഞ്ചലിക്കൽ ചർച്ചിലെ ഒരംഗമാണ് നമുക്ക് സഭാഭേദമില്ല അടുത്ത ദിവസം സാക്ഷ്യം പറയുകയും തിരുവേദന പറയുകയും ചെയ്യുന്ന ദേവസിയും ദേവസിയുടെ മകൻ തെനി ദേവസിയും അവര് സഭയിലെ അംഗങ്ങളാണ് അനേകം സഭകൾ സഭയുടെ ഭേദമൊന്നും കണക്കാക്കുന്നില്ല നമുക്ക് സഭയുടെ ഭേദമില്ല സഭ പക്ഷേ നമുക്ക് ഒരു കാര്യത്തിൽ യോജിപ്പുണ്ട് നമുക്ക് കക്ഷിപരമായ ഭിന്നതകളില്ല നമുക്ക് സഭാപരമായ മത്സരങ്ങളില്ല നമുക്ക് സമുദായ വഴക്കുകളില്ല നമുക്ക് സമുദായ ഭേദങ്ങളില്ല ഒരു കാര്യത്തിൽ നാം യോജിക്കും നമ്മുടെ ജീവിതത്തിൽ പാപം ക്ഷമിച്ചു തരുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ ബാധകൾ മാറ്റിത്തരുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിൽ കെടുതികൾ നീക്കിത്തരുന്ന ക്രിസ്തു നമ്മുടെ ജീവിതത്തിന് ശോഭനമായ ഭാവി തരുന്ന ക്രിസ്തു ശോഭനമായ ഭാവി നല്ല നാളെ ഇന്നേക്കാൾ ഭേദപ്പെട്ട ഒരു നല്ല നാളെ നമ്മുടെ പിതാക്കന്മാർ അങ്ങനെയെല്ലാം പാടാനാണ് നമ്മെ പഠിപ്പിച്ചത് അങ്ങനെയെല്ലാം പ്രാർത്ഥിക്കാനാണ് നമ്മെ പഠിപ്പിച്ചത് നിങ്ങൾ ഇപ്പോൾ ഞാൻ ആശിച്ചു മറ്റൊന്നുമല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുന്നേറ്റ് പോകാമെന്ന് പറഞ്ഞ സമയത്ത് കാര്യമായിട്ട് അധികം പേര് പോയില്ല നന്നായി നിങ്ങൾ പോകാതിരുന്നത് നന്നായി എങ്കിലും നിങ്ങൾ ഒന്ന് എഴുന്നേറ്റ് നിന്നാൽ പക്ഷേ നിങ്ങൾക്ക് ശരീരത്തിന് ചലനം കിട്ടുമോ എന്ന് ഞാനിങ്ങനെ ഓർത്തുപോയി അതുകൊണ്ട് നമുക്ക് ആ ഗീതം പാടുമ്പോൾ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം നിങ്ങൾക്കറിയാവുന്ന ഗീതമാണ് നമുക്ക് ഒരുമിച്ച് പാടാം കൃപ ചെയ്യുക ശ്രീവായ വിഷ്ട ആർദ്രതയേവാഴ്ത്തും ഞങ്ങൾ ഇരിക്കല്ലേ നാം ഇപ്പൊ പാടിയത് കർത്താവെ നിന്റെ ആർദ്രതയെ ഞങ്ങൾ വാഴ്ത്താൻ ആശിക്കുന്നു നിന്റെ ആർദ്രതയെ ഞങ്ങൾ സ്തുവിക്കാൻ ആഗ്രഹിക്കുന്നു നിന്നെ ഞങ്ങൾക്ക് വാഴ്ത്തി സ്തുതിച്ച് സ്തുതിയും സ്തോത്രവും പ്രഭയും പുകഴ്ച്ചയും മാഞ്ഞു പോകാത്ത നല്ല ഉന്നതിയും സദാനേരവും കരേറ്റുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അതിന് കർത്താവെ എനിക്ക് ഇന്നേക്കാൾ ഭേദമായൊരു നല്ല തരണം ആ നല്ല നാളെ ആനന്ദവും ഐശ്വര്യവും എഴുന്നതായിരിക്കണം ആനന്ദൈശ്വര്യ വഴുന്ന മാസങ്ങളും ആണ്ടുകളും എനിക്ക് തരണം ആനന്ദൈശ്വര്യ വഴുന്ന മാസാബ്ദങ്ങളെ നൽകണമേ മാസങ്ങളും ആണ്ടുകളും ആനന്ദഐശ്വര്യമുള്ളതാക്കി തരണം ബാധകൾ മാറിയതായ ആണ്ടുകൾ എനിക്ക് തരണം ബാധകൾ ഒഴിവായി കിട്ടിയതായ ആണ്ടുകൾ മാസങ്ങൾ എനിക്ക് തരണം കർത്താവെ ഒരു ശോഭനമായ ഭാവി എനിക്ക് തരണം കാരണം ഞാനിപ്പോൾ നിന്നെ വിളിച്ചപേക്ഷിക്കുകയാണ് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ് ഞാനൊരു പാവിയാണ് പക്ഷേ അനുദമിക്കുന്ന പാവിയുടെ പ്രാർത്ഥന നീ കേൾക്കുമല്ലോ അനുതാപികൾ നീ കനിയുമല്ലോ അതുകൊണ്ട് ഞാൻ കരുണയ്ക്കായി യാജിച്ചുകൊണ്ടുവരുന്നു ആഹ്വാനം ചെയ്യുന്ന പാവികളില് കർത്താവെ ആർദ്രതയെ വിലക്കാത്തവനാണീ ഞാൻ വിശ്വസിക്കുന്നു നാം പാടിയത് നമുക്ക് ചേർന്ന് പാടാം നല്ല ഉയർന്ന ശബ്ദത്തിൽ പാടാം പാടുമ്പോൾ നിങ്ങൾ അർത്ഥം ഗ്രഹിച്ചുകൊള്ളണം ആഹ്വാനോ आरण उनी कीडन में आनंद ईश्वर नृलुन मास करते സംഗ്രഹിച്ചല്ലോ എങ്കിൽ ഇപ്പോൾ ഇത് പാടുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടായിരിക്കണം എന്താണ് ലക്ഷ്യം ഇപ്പോൾ ഈ വാക്കുകളെ കേൾക്കുന്ന യു കെയിൽ ഇംഗ്ലണ്ടിലിരുന്നുകൊണ്ട് കേൾക്കുന്നവരും കാണുന്നവരും ജർമ്മനിയിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവരും കാണുന്നവരും ഗൾഫ് രാജ്യങ്ങളിരുന്നുകൊണ്ട് കേൾക്കുന്നവരും കാണുന്നവരും അമേരിക്കയിൽ ഇരുന്നുകൊണ്ട് കേൾക്കുന്നവരും കാണുന്നവരും ആസ്ട്രേലിയ ആയാലും മലേഷ്യ ആയാലും സിംഗപ്പൂരിൽ ഇരുന്നുകൊണ്ട് കേൾക്കുകയും കാണുകയും ചെയ്യുന്നവരും അവരെല്ലാവരും ഇപ്പോൾ സജീവമായി പങ്കാളികളാകുക എല്ലവിടെയും കരങ്ങളെ അങ്ങ് ഉയർത്തുക വീണ്ടും നമുക്ക് കരം ഉയർത്തിക്കൊണ്ട് പാടാം ആഹ്വാനോ ചെയ്യും യും ശാന്തമായിട്ടിരിക്കാം ദൈവത്തിന് സ്തോത്രം യേശുക്രിസ്തു ബാധകളെ മാറ്റുന്നവൻ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് ബാധകൾ മാനസാന്തരപ്പെട്ടുവെന്ന് പറയുന്നവർക്കും ബാധകളുണ്ട് ജീവിതത്തിൽ പുതിയ പ്രതിഷ്ഠകളും സമർപ്പണങ്ങളും എടുത്തവർക്കും ബാധകളുണ്ട് ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ബാധകളെല്ലാം അങ്ങ് മാറിപ്പോവുകയുമില്ല മാനസാന്തരപ്പെട്ടെന്ന് പറയുന്നവരും കോപാവേശമുള്ളവരുണ്ട് ചിലര് മാനസാന്തരപ്പെട്ടെന്ന് പറയുന്നവര് വാശിയും വഴക്കും ഹൃദയത്തിലുള്ളവരുണ്ട് ദുഃസാഠ്യവും പിണക്കവും ഉള്ളവരുണ്ട് ചിലപ്പോഴെല്ലാം അവിശ്വാസത്തിനിടം കൊടുക്കുന്നവരുണ്ട് സംശയവിചാരങ്ങൾക്കും മറുതിലിപ്പുകൾക്കും ഇടം കൊടുക്കുന്നവരുണ്ട് ചോദ്യം ചെയ്യുന്ന പരിശുദ്ധാത്മാരുടെ പ്രവൃത്തികളെയും പരിശുദ്ധാത്മാൻ വ്യാപാരത്തെയും പരിശുദ്ധാത്മാരുടെ വചനങ്ങളെയും പരിശുദ്ധാത്മാവന് വഴികളെയും ചോദ്യം ചെയ്യുകയും അവയെ അവയോട് മത്സരിക്കുകയും ചെയ്യുന്നവരുമുണ്ട് ദൈവമുണ്ടോ എന്ന് സംശയിക്കുന്നവരും ഇടയ്ക്കിടയ്ക്ക സംശയം പുതിയ വരുന്നവരുമുണ്ട് പ്രിയപ്പെട്ടവരേ നാം ആരും തികഞ്ഞവരായില്ല നാം ആരും പൂർണ്ണരായില്ല പക്ഷേ നമ്മെ പൂർണ്ണരാക്കാൻ കഴിവുള്ള പൂർണതയുടെ നാഥൻ കടന്നു വന്നിട്ടുണ്ട് ഈ പ്രാവശ്യത്തെ കൺവെൻഷനില് ഈ വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ വലിയൊരു കൊതി മനസ്സിലുണ്ട് വലിയൊരാഗ്രഹം മനസ്സിലുണ്ട് കർത്താവേ ഞങ്ങളുടെ ദേശത്ത് നിന്ന് ബാധകൾ മാറണമേ കർത്താവേ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് ബാധകൾ മാറണമേ കർത്താവേ ഞങ്ങളുടെ വ്യക്തി സത്തകളിൽ നിന്ന് ബാധകൾ മാറിക്കിട്ടി ആത്മാവിൽ നിന്ന് സ്തുതിക്കുന്നവരായി മാറണമേ കർത്താവെ ജീവിതത്തിലേക്ക് ശാന്തി കടന്നെത്തണമേ ജീവിതത്തിൽ സമാധാനം വിതരണമേ സമാധാനം ജീവിതത്തിൽ ഓരോരുത്തരെയും ജീവിതത്തിലേക്ക് സമാധാനം നിറഞ്ഞു വരണമേ ഒരു പ്രാർത്ഥനാ വിഷയമാണിത് ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമവും ബഹുത്തപ്പെടട്ടെ സഹോദരങ്ങളെ ആരാണ് ഈ ബാധകൾ വരുത്തുന്നത് വേദപുസ്തകത്തിൽ നോക്കുമ്പോൾ നമുക്ക് ആരാണ് ഈ ബാധകൾ വരുത്തുന്നത് ഒന്ന് സിൻ രണ്ട് സേറ്റൻ മൂന്ന് സൊസൈറ്റി സിൻ പാപം സെയ്റ്റൻ പിശാജ് സൊസൈറ്റി സമൂഹം കൂട്ടുകെട്ടുകൾ കൂട്ടുകാർ സിൻ എല്ലേ മൂലകാരണം ആദികാരണം അതിന്റെ റൂട്ട് അതിന്റെ വേര് എവിടെയാണ് സിന്നിലാണ് പാപത്തിലാണ് എസ് ഐ എൻ always i in the middle of sin nyan i nyan sin sinindre paavathinte nadivil yes i in sin oru chintakan parannu always i in the middle of sin paavam enna aa orotte sanghadide nadukae njan pettirikkunnu i enna aksharam vaakagumbol ende artham ai nyan ennaanu ningalkkariyamoallo always i in the middle of sin പാപത്തിനടുക്കഴാനായിരിക്കുന്നു പാപമാണ് ബാധകൾ വരുത്തുന്നത് മനുഷ്യജീവിതത്തിലെ സകലഘടതികളുടെയും പ്രഭവം അതിന്റെ ഉത്ഭവം അതിന്റെ ആരംഭം അതിന്റെ ഉറവെടുക്കുന്ന ഇടം അത് പാപമാണ് പാപം ജീവിതത്തെ കലക്കുന്നത് പാപമാണ് ജീവിതത്തെ നശിപ്പിക്കുന്നത് പാപമാണ് സമാധാനം തകർക്കുന്നത് പാപമാണ് പാപത്തിൽ നിന്നാണ് എല്ലാ വിനകളും ഉത്ഭവിക്കുന്നത് പാപത്തിൽ നിന്നാണ് ശാവങ്ങൾ ഉത്ഭവിക്കുന്നത് പാപത്തിൽ നിന്നാണ് യാതനകളും വേദനകളും ഉത്ഭവിക്കുന്നത് പാപം സിൻ സെയ്റ്റൻ പാപം വന്നാൽ പിന്നെ പ്രവർത്തിക്കുന്നത് സെയ്റ്റനാണ് പിശാജാണ് സാത്താനാണ് സാത്താൻ പ്രവർത്തനം തുടങ്ങും അവൻ ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ് പാപം ചെയ്യിക്കുന്നവനാണ് സാത്താൻ പാപം ചെയ്യിക്കുന്നവനാണ് ഏതെന്തോട്ടത്തിന്റെ ഐശ്വര്യത്തിലേക്ക് ഏതെന്തോട്ടത്തിന്റെ സമൃദ്ധിയിലേക്ക് ഏതെന്തോട്ടത്തിന്റെ സമാധാന സമ്പുഷ്ടമായ കുടുംബ ബന്ധത്തിലേക്ക് കടന്നിയെന്ന് മനുഷ്യനെ അപകടപ്പെടുത്തിയത് പാമ്പാണ് സാത്താനാണ് അതിന് വഴിയെന്ന് തുറന്നെന്തിലാണ് പാപത്തിലാണ് അനുസരണക്കേടിലാണ് അനുസരണക്കേട് ദൈവം കൽപ്പിച്ചു ആ കൽപ്പനയെ അനുസരിക്കാതിരിക്കാൻ സാത്താൻ പ്രേരിപ്പിച്ചു സ്നേഹിതരെയും നമുക്ക് കല്പന ഒന്നുകൊണ്ടല്ല നമുക്ക് ഓരോരുത്തർക്കും ഇന്നത് ശരിയിൽ തെറ്റായെന്ന് അറിയാം പക്ഷേ നാം തെറ്റിലേക്ക് പോയി തെറ്റിലേക്ക് വഴുതി പോകുന്നൊരു പ്രകൃതം നമുക്കുണ്ട് പാപത്തിലേക്ക് ഊർന്നു പോകുന്നൊരു സ്വഭാവം നമുക്കുണ്ട് ഈ പാപത്തിലേക്ക് പോകുന്ന മനുഷ്യൻ അവൻ അറിയണം എന്നെക്കൊണ്ട് പാപം ചെയ്യിച്ച് ചിരിക്കുന്നൊരു പിശാചുണ്ട് എന്നെക്കൊണ്ട് പാപം ചെയ്യിച്ച് നശിപ്പിക്കുന്നൊരു സാത്താനുണ്ട് സാത്താന്റെ പ്രവൃത്തി എന്ത എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട് അറുക്കുക മുടിക്കുക മോഷ്ടിക്കുക അറുപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും അല്ലാതെ സാത്താൻ വരുന്നില്ല തള്ളനാണവനെന്ന് കർത്താവ് പറഞ്ഞു അവൻ പോഷ്ക്ക് പറയുന്നവനാണ് നുണയനാണെന്ന് പറഞ്ഞു തെറ്റായ ധാരണകൾ വരുത്തുന്നവനാണ് പിശാജ് അവൻ മനുഷ്യ തെറ്റിദ്ധാരണകൾ ഉളവാക്കും തെറ്റായി ചിന്താഗതികൾ ഉണ്ടാക്കും ശരിയായത് പിശാജ് മറച്ചുപിടിക്കും സത്യമായത് മറച്ചിട്ട് അസത്യമായത് മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പാകിക്കൊടുക്കും മനുഷ്യനെ പാപത്തിലേക്ക് വശീകരിക്കും പാപത്തിന്റെ മായക്കാഴ്ചകൾ കൊടുത്ത് മനുഷ്യനെ വശീകരിക്കും പാപത്തിന്റെ പ്രലോഭനങ്ങളിൽ മനുഷ്യനെ ഉൾപ്പെടുത്തും പാപത്തിന്റെ പ്രലോഭനങ്ങളിലേക്ക് മനുഷ്യനെ ആകർഷിക്കും പാപത്തിന്റെ പ്രേരണകൾ മനുഷ്യന് കൊടുക്കും ഒന്ന് സിൻ രണ്ട് സെയ്റ്റൻ ആ ആദ്യം മുതലേ ഈ പിശാജിന്റെ പരിശ്രമമാണ് ഞാൻ കാണുന്നത് പിശാജിന്റെ ഉദ്യമങ്ങൾ എന്തുകൊണ്ടാണ് സഭകൾ തമ്മിൽ വഴക്കുണ്ടാകുന്നത് ഇടം കിട്ടുന്നത് കൊണ്ടാണ് എന്തുകൊണ്ടാണ് സഭ കേസുകൾ നടക്കുന്നത് സാത്താൻ ഇടം കിട്ടിയിരിക്കുകയാണ് എന്തുകൊണ്ടാണ് കുടുംബങ്ങൾ കലങ്ങുന്നത് സാത്താൻ കയറി അവൻ വിളയാടുകയാണ് എന്തുകൊണ്ടാണ് കൂട്ടായ്മകൾ കലങ്ങുന്നത് സാത്താൻ കൂട്ടായ്മകളിൽ കൂടെ പ്രവർത്തിക്കുകയാണ് ദൈവമക്കൾ കൂടെ തന്നെ പ്രവർത്തിക്കുകയാണ് എന്തുകൊണ്ടാണ് സ്ഥാപനങ്ങൾ വലിയ അങ്കലാപ്പിലും അവലാധീലമായി തീരുന്ന സ്ഥാപനങ്ങൾ തകരുന്നത് സ്ഥാപനങ്ങൾ തകരുന്നത് ഈ കോളേജിന്റെ മൂന്നാം നിലയിൽ നിന്നുകൊണ്ട് രണ്ടാം നിലയിലും നിന്നുകൊണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് താഴെ മുറ്റത്ത് കുട്ടികൾ സൈക്കിൾ ചെയ്യാൻ ആഞ്ഞു വീശുന്നത് ഇടിക്കട്ടുകൊണ്ട് ഇടിക്കാൻ ഓടുന്നത് കമ്പി എടുത്തുകൊണ്ട് തല്ലാൻ ഓടുന്നത് കഠാരി ഊരിപ്പിടിച്ചുകൊണ്ട് കുത്താൻ ഓടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഞെട്ടലോടെ കണ്ടിട്ടുണ്ട് ദൈവത്തിന്റെ വലിയ നാമം ആ കാലങ്ങളിൽ കുപ്രസിദ്ധമായിരുന്നു ഈ കോളേജ് ഇന്ന് ഭാഗ്യവശാൽ പ്രൊഫസർ ജോയ്സി ജോർജ് പ്രിൻസിപ്പലോട് ഇരിപ്പുണ്ടല്ലോ ഇന്ന് ഭാഗ്യവശാൽ അത്രയ്ക്ക് വലിയ കുഴപ്പങ്ങൾ കാണുന്നില്ല നന്നായി പ്രിയപ്പെട്ടവരെ എന്താണ് ഈ കുട്ടികൾക്ക് പറ്റിയത് യുവചേതനയ്ക്ക് എന്തു യുവാക്കന്മാർക്ക് എന്തു പറ്റി ഏതോ ചില വ്യക്തി താൽപര്യങ്ങളോ സ്ഥാപിത താൽപ്പര്യങ്ങളോ മുൻനിർത്തിക്കൊണ്ട് കഞ്ചാവിന്റെയോ മദ്യത്തിന്റെ അടിമത്വത്തിൽ വൃത്തികേടുകൾ ചെയ്യുന്നു തല്ലിപ്പൊളിക്കുന്നു അപകടങ്ങൾ വരുത്തുന്നു അനർത്ഥങ്ങൾ ഉണ്ടാക്കുന്നു അധ്യാപകരെ അനുസരിക്കാതിരിക്കുന്നു പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു എന്താണ് കാരണം അതിന്റെ പിന്നിൽ ഒരു കൂട്ടം ദുരാത്മാക്കളുണ്ട് ഇന്ന് പകലത്തെ ക്ലാസ്സിൽ ചിലത് പറഞ്ഞല്ലോ ഒരു കൂട്ടം ദുരാത്മാക്കൾ ഒരു കൂട്ടം വൈശാരിക സേനകൾ അവരങ്ങ് തല്ലിപ്പിടിപ്പിച്ചിട്ട് രസിക്കുകയാണ് മാറുമെന്ന് രസിക്കുകയാണ് അഡ്വക്കറ്റായിരിക്കുന്ന ഷൈനി അവിടെ ഇരിക്കുന്നു ഞാൻ കാണുന്നു ഷൈനി പറഞ്ഞു ഈ റാഗിങ് നടത്തിയെന്ന് എൽ എൽ പഠിക്കാൻ പോയപ്പോൾ ലോ കോളേജില് ഷൈനി റാഗ് ചെയ്തു എന്ന് ജൂണിയർ സ്റ്റുഡൻസിനെ ഉപദ്രവിച്ചുവെന്ന് ഷൈനിയെ കാണുന്നതിന് പിള്ളേർക്ക് പേടിയായിരുന്നുവെന്ന് എന്താണ് കാരണം സുബോധം പോയിരുന്നു പാവം ഈ പെൺകുട്ടിയുടെ സുബോധം പോയിരുന്നു ഇന്ന് ഒരു അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് സുബോധം പോയിരുന്നു എന്താണ് കാരണം വിശാലകത്ത് കയറി സുബോധം പോയി പാവം പേടിച്ച് അരണ്ടു നിൽക്കുന്ന കുഞ്ഞുങ്ങളെ അവരെ ഈ പൂച്ച എലിയെ പിടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ട് തട്ടുന്നത് പോലെ എലി ഒന്ന് ഓടുമ്പോഴേക്കും ചെന്ന് ഒന്ന് ഒന്ന് കടിക്കും എന്നിട്ട് പൂച്ച പിന്നെ അതിനെ അതിനെ അത് എപ്രാളപ്പെടുന്നത് കാണാൻ എന്ന് പറയുന്നത് പാവപ്പെട്ട കുട്ടികൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസി ചെല്ലുമ്പോൾ അവരായിട്ട് പന്താടുന്നു രസമാണ് എന്താണ് മറ്റുള്ളവരുടെ വേദനയിൽ രസിക്കുന്ന ഒരു പ്രകൃതം ഈ റാഗിങ് എന്ന ഓമനപ്പേര് വിളിക്കുന്ന ഈ കിരാത പ്രവൃത്തിയുണ്ടല്ലോ അതിന്റെ പിന്നിൽ പിശാചാണ് സെയ്റ്റാണ് സാത്താനാണ് ഒരു ബാധയാണ് യുവാക്കളുടെ സൽബുദ്ധി നശിപ്പിക്കുന്ന ഒരു പിശാചകത്ത് കയറിയിരിക്കുകയാണ് വിദ്യാർത്ഥികളുടെ സുബോധം നശിപ്പിക്കുന്ന ഒരു പൈസ അത് കയറിയിരിക്കുകയാണ് എന്താണ് ഈ മയക്കു വരുന്ന് കുത്തിവെക്കുന്നത് മയക്കു വരുന്ന് കുത്തിവെക്കുന്നു എന്തിനാണത് സുബോധം പോവുകയാണ് ഏതോ ഒരു മായാലോകത്ത് ഒരു മായ കാഴ്ച മായാലോകത്ത് ഒരുത്തനൊരിക്കഞ്ഞു എന്നോട് ഞാൻ വളരെ രഹസ്യമായിട്ട് ചോദിച്ചപ്പോഴും പറഞ്ഞു സാറേ വേറൊരു ലോകത്തേക്കായി പോവുകയാണ് ഈ കഞ്ചാവ് വലിച്ചു കഴിഞ്ഞാൽ വേറൊരു ലോകത്തായി പോവുകയാണ് പിന്നെയൊന്നും ഓർക്കില്ല പിന്നെയൊന്നും അറിയില്ല ക്ലാസ്സിലിരിക്കുമ്പോൾ നല്ലപോലെ ശ്രദ്ധിക്കുന്നതായിട്ട് തോന്നും പക്ഷെ ഒന്നും ശ്രദ്ധിക്കുന്നില്ല ഒന്നും തല കയറുന്നില്ല തലയിലോട്ട് കയറുന്നില്ല ബാധയാണ് കഞ്ചാവ് ഒരു ബാധയാണ് റാഗിങ് ഒരു ബാധയാണ് മയക്കുമരുന്നൊരു ബാധയാണ് മദ്യം ഒരു ബാധയാണ് ഒരു സ്ത്രീ പറഞ്ഞു സാറേ എന്ത് ചെയ്യേണ്ടു എന്ത് ചെയ്യേണ്ടു വൈകുന്നേരമാകുമ്പോൾ ആരാണ്ട് പിടിച്ചോണ്ട് പോകുന്ന പോലെ എൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകും പിടിച്ചു വലിച്ചുകൊണ്ട് പോകുമ്പോലെ കൊണ്ടുപോവുക എന്റെ സാറേ ഞങ്ങളുടെ തെങ്ങുംപറമ്പ് വിറ്റു കുറച്ച് റബറുണ്ടായിരുന്നു അതും വിറ്റു ഇനിയിപ്പോ ഞങ്ങളുടെ വീടിന്ന പറമ്പേ ഉള്ളൂ അതും കൂടി വിൽക്കു എന്നാ തോന്നുന്നത് സാറൊന്ന് പ്രാർത്ഥിക്കണേ ഞാൻ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം പക്ഷെ ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലപ്പെടില്ല ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലപ്പെടില്ല അതെന്താ സാറേ ഞാൻ പ്രാർത്ഥിച്ചാൽ ഫലപ്പെടണമെങ്കിൽ നിങ്ങൾക്കൊരു മാനസാന്തരം വരണം അയ്യോ ഞാൻ മാനസാന്തരപ്പെട്ടതാ എനിക്ക് നല്ല ഭക്തിയെ ഞാൻ പ്രാർത്ഥിക്കും ഞാൻ പറഞ്ഞു നല്ല സഹോദരി അല്ല നിന്റെ ഉള്ളിൽ യഥാർത്ഥമായ ദൈവഭക്തി ഇല്ല നിനക്ക് ഭർത്താവിനോട് കോപം വരാറില്ലേ ഈ ഈ മദ്യപിച്ച് വരുമ്പോഴ് നിനക്ക് ദേഷ്യം വരാറില്ലേ അതുമോ ഞാനും വിളമ്പി കൊടുക്കില്ല ചോറ് കൊടുക്കില്ല തെറ്റാണ് ആ മനുഷ്യനെ നീ സ്നേഹിക്കണം അദ്ദേഹത്തെ നീ കരുതണം അദ്ദേഹത്തോട് നീ സഹതാവം ഉള്ളവളാകണം അദ്ദേഹത്തിന്റെ ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു കൊടുക്കണം നീ അതിന് അതിന് നീ ഇനി ഒരു പോസിറ്റീവ് അപ്രോച്ച് നിനക്ക് വരണം നീ അങ്ങോട്ട് കൊടുക്കുന്നവളായി തീരണം സാറി അത് എനിക്ക് എനിക്ക് ഒന്നും ഇഷ്ടപ്പെടുന്നില്ല എല്ലാം ഞാൻ പറയുന്നില്ല എല്ലാം എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേ പറ്റൂ ഇഷ്ടപ്പെട്ടേ പറ്റൂ നിങ്ങളുടെ ഭർത്താവാണ് അദ്ദേഹത്തെ രക്ഷിക്കേണ്ടത് നിങ്ങളാണ് അദ്ദേഹത്തെ ഒന്ന് ഉയർത്തിയെടുക്കേണ്ടത് നിങ്ങളാണ് നിങ്ങളെ സത്യം മാനസാന്തരത്തിലേക്ക് വന്നാൽ നിങ്ങൾക്ക് ആ മനുഷ്യനെ രക്ഷിക്കാം ദൈവത്തിന്റെ സ്ത്രോത്രം സാറേ സാറെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ അത് തീരുമാനിച്ചു അടുത്ത പ്രാവശ്യം ഞാന് അവരുടെ ദേശത്ത് ഒരു യോഗത്തിന് ചെന്നു യോഗത്തിന് ചെന്നപ്പോഴ് ഞാനും കാറിൽ നിങ്ങൾ ഇറങ്ങല്ല ഇതായി സ്ത്രീ വരുന്നുണ്ട് സ്ത്രീ കൈ ഒരു കുട്ടിയെ പിടിച്ചിട്ടുണ്ട് തൊട്ടുപിറയിൽ അല്പം അല്പം മാറി ഒരാൾ നിൽക്കുന്നു സ്ത്രീ പറഞ്ഞു സാറേ സാറെന്ന് പറഞ്ഞില്ലേ എന്റെ സ്വഭാവം മാറി എന്റെ ഭർത്താവിന്റെ സ്വഭാവം മാറി എന്റെ സ്വഭാവം മാറി എന്റെ കോപം മാറി എന്റെ ഈർഷ്യ മാറി എന്റെ ഭർത്താവ് ഇപ്പോൾ മദ്യപിക്കാൻ പോകുന്നില്ല ദൈവത്തിന്റെ വലിയ നാമം വകുത്തുപെടട്ടെ സാറേ സമാധാനമായി ടാണ്ട് അദ്ദേഹമാണ് നിൽക്കുന്നത് ഞാൻ അദ്ദേഹത്തിന്റെ ഇടുക്കിലേക്ക് ചെന്നു ഇതിന്റെ കൈയ്യിൽ കയറി പിടിച്ചു ഞാൻ പറഞ്ഞു ഇപ്പൊ സമാധാനമാണോ ആണ് സാറേ ആണ് സമാധാനമാണ് നിങ്ങൾ ഐശ്വര്യമായി ജീവിക്കെ എന്റെ ദൈവത്തിന്റെ സ്തോത്രം ദൈവമക്കളെ നിങ്ങളോട് പറയട്ടെ ജീവിതത്തിൽ നിങ്ങൾക്ക് മാറ്റം വന്ന് നിങ്ങൾ ഉള്ളു ഈ സ്വർഗ്ഗത്തിലെ ദൈവം കേൾക്ക് നിങ്ങൾ വിശ്വസിക്കൂ ഇന്നലെ പറഞ്ഞില്ലേ അധരങ്ങളുടെ യാദന നിഷേധിച്ചതുമില്ല ഇന്ന വേദവസ്തം വായിച്ചപ്പോഴാണ് വായിച്ചത് ആധരങ്ങളുടെ യാദന നിഷേധിക്കാത്തൊരു ദൈവമുണ്ട് കണ്ണുനീര് മാനിക്കുന്ന ഒരു ദൈവമുണ്ട് കണ്ണുനീരിനെ മറികടന്നു പോകാത്തൊരു ദൈവമുണ്ട് മകനെ നീ കരയുമ്പോൾ മകളെ നീ ഏങ്ങലടിക്കുമ്പോൾ കേൾക്കുന്ന ഒരു ദൈവമുണ്ട് ഹൃദയഭാരങ്ങൾ തുറന്ന് പറയുമ്പോൾ എല്ലാം ഒപ്പി ഒപ്പി എടുക്കുന്ന ഒരു ദൈവമുണ്ട് ഉള്ളു തുറന്നതിന്റെ ആവശ്യങ്ങൾ പറയുമ്പോൾ എല്ലാം കേട്ടതിനു മറുപടി തരികയും നിനക്ക് ആശ്വാസം തരികയും തലമേൽ കരം ആശീർവദിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ട് കുടുംബത്തിൽ വന്ന് നിന്റെ കുടുംബത്തിൽ നിന്റെ അടുക്കളയിൽ നിന്റെ ഊണുമുറിയിൽ നിന്റെ കടപ്പറയിൽ നിന്റെ ജീവിതത്തിൽ നിന്റെ ജീവിതത്തിന്റെ വിവിധ വിവിധ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട് അവിടെയെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം നിനക്ക് തരും നിന്നെ ദൈവം അനുഗ്രഹിക്കും നീ തൊടുന്നത് അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നീ പോകുന്നിടം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും നീ കാൽ ചവിട്ടുന്നേടം അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഓർത്തു ആരോട് പറയുകയും ഈ കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് കോളേജ് ഭാഗ്യമുള്ള കോളേജാണ് അതെന്താണെന്നറിയാമോ കോളേജിന്റെ മുറ്റത്ത് ഏശ് തമ്പരാൻ വരുന്നു നിസ്സാര കാര്യമാണോ കോലഞ്ചേരി കോളേജിന്റെ മുറ്റത്ത് ഏശക്രിസ്തു വരുന്നു നമ്മളരുവല്ല നമ്മളൊക്കെ പാവപ്പെട്ടവര് സാധാരണക്കാര് പക്ഷെ യേശു വന്നിരിക്കുന്നു നിങ്ങൾക്കറിയാമോ ഇപ്പൊ നിങ്ങളുടെ നിങ്ങളുടെ അരികത്തോടെ യേശു നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ നിങ്ങളുടെ അരികത്തോടെ യേശു നടക്കുന്നുണ്ടെന്ന് കോലഞ്ചേരിക്കോളിന്റെ മുറ്റത്ത് കർത്താവായി യേശു വന്ന് ഇവിടെ വരുന്നത് അടിച്ചു കൂടുന്ന ജനതയോടെ യേശു സംസാരിക്കുന്നു ഈ നാട്ടുകാരോടെ സംസാരിക്കുന്നു ഈ നാടിനെയും ഇവിടെ ദേവാലയങ്ങളെയും യേശു അനുഗ്രഹിക്കുന്നു സഭാഭേദം കൂടാതെ എല്ലാവരെയും യേശു അനുഗ്രഹിക്കുന്നു ദേശത്തെ അനുഗ്രഹിക്കുന്നു ഇവിടെയുള്ള ബിസിനസ് പീപ്പിളിനെ അനുഗ്രഹിക്കുന്നു ഇവിടെയുള്ളതായ ആളുകളെ അനുഗ്രഹിക്കുന്നു നാട്ടുകാരെ അനുഗ്രഹിക്കുന്നു നാട്ടിൽ യേശു കാലുകുത്തിയിരിക്കുന്നു ദൈവത്തിന്റെ സ്ത്രോത്രം യേശു വരുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കാരെങ്കിലും ഇത് വിശ്വാസമുണ്ടോ എനിക്ക് നല്ല വിശ്വാസമാണ് കാരണം ഞാൻ അറിയുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് യേശു എന്റെ തിരുമാറിലാണെന്ന് ഞാൻ അറിയുന്നു എന്റെ യേശു നിങ്ങളുടെ അരിയിലൂടെ നടക്കുന്നുണ്ടെന്ന് നിങ്ങളുടെ ബാധകൾ നിങ്ങൾ തുറന്ന് പറഞ്ഞാൽ ബാധകൾ ഓരോന്നോരോ നിങ്ങൾ തുറന്നു പറഞ്ഞാൽ ബാധകളെല്ലാം ഒൻമാറ്റിത്തരും കർത്താവെ ഇന്ന ബാധയിൽ ഞാൻ കുഴഞ്ഞു കർത്താവേ അയ്യോ ഐ എം വെരി കൺഫ്യൂസ് ഞാൻ വളരെ കൺഫ്യൂസ്ഡായി പോയിരിക്കുന്നു കർത്താവെ ഞാൻ കലങ്ങിയിരിക്കുന്ന കർത്താവെ അയ്യോ ഞാൻ വല്ലാതെ വല്ലാതെ പ്രയാസത്തിലായിരിക്കുന്ന കർത്താവേ എന്റെ ദൈവമേ നീ ഒന്ന് മനസ്സറിയണമേ എന്റെ ഈ ബാധയൊന്ന് മാറ്റിത്തരണമേ എന്റെ കുടുംബത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ എന്റെ മക്കളുടെ സ്വഭാവത്തിലേക്ക് നീ എഴുന്നള്ളി വരണമേ എന്റെ മക്കൾക്കൊരു സുബോധം കൊടുക്കണമേ അവരുടെ അലസത മാറ്റിത്തരണമേ അവരുടെ ഉഴപ്പുശീലം മാറ്റിത്തരണമേ അവരുടെ പ്രേമബന്ധങ്ങൾ മാറ്റിത്തരണമേ അവരുടെ സ്വഭാവ ദൂഷ്യങ്ങൾ മാറ്റിത്തരണമേ അവരുടെ ദുസ്വഭാവങ്ങൾ മാറ്റിത്തരണേ േ എന്റെ ഭാര്യയുടെ കോപം മാറ്റി തരണമേ എന്റെ ഭർത്താവിന്റെ കൊള്ളരുതായ്മകൾ മാറ്റി തരണമേ എന്റെ ദൈവമേ എന്റെ കുടുംബത്തിൽ ഐശ്വര്യം പ്രശോഭിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അപ്പോൾ കാണാം സ്വർഗത്തിലെ ദൈവം ഇറങ്ങി വന്ന് നിങ്ങളിൽ തന്നെ വീര്യം പ്രവർത്തിക്കുന്നത് ദൈവം നിങ്ങളെ നിങ്ങളെ അനുഗ്രഹിക്കുന്ന നിങ്ങൾക്ക് കാണാം ദൈവത്തിന് സ്തോത്രം ദൈവത്തിന്റെ വലിയ നാമം ബഹുത്തപ്പെടട്ടെ നമുക്ക് വീണ്ടും ചില ഭാഗങ്ങൾ വായിക്കാം ലേവിയ പുസ്തകം ഇരുപത്തിയാറാം അധ്യായം പതിനാറാം വാക്യം വായിക്കാം ലേ ആപസ് ഇരുപത്തിയാറാം അധ്യായം പതിനാറാം വാക്യം ഞാനും ഇങ്ങനെ നിങ്ങളോട് ചെയ്യും കണ്ണിനെ മങ്ങിക്കുന്നതും ജീവനെ ക്ഷയിപ്പിക്കുന്നതുമായ ഭീതി ഭീതി ക്ഷയരോഗം ക്ഷയരോഗം ജ്വരം ജ്വരം എന്നിവ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും എന്നിവ ഞാൻ നിങ്ങളുടെ മേൽ വരുത്തും നിങ്ങളുടെ വിത്ത് നിങ്ങൾ വെറുതെ വിതയ്ക്കും നിങ്ങളുടെ വിത്ത് നിങ്ങൾ വിതയ്ക്കും പക്ഷെ വെറുതെ ആയി പോകും ശത്രുക്കളത് ഭക്ഷിക്കും ശത്രുക്കൾ അത് ഭക്ഷിക്കും ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടിവെക്കും ഞാൻ നിങ്ങളുടെ നേരെ ദൃഷ്ടിവയ്ക്കും നിങ്ങൾ ശത്രുക്കളോട് തോറ്റുപോകും നിങ്ങൾ ശത്രുക്കളുടെ മുമ്പിൽ തോറ്റുപോകും നിങ്ങളെ ദ്വേഷിക്കുന്നവർ നിങ്ങളെ ഭരിക്കും നിങ്ങളെ ദ്വേഷിക്കുന്നവർ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളെ ഭരിക്കും ഓടിക്കുന്നവർ ഇല്ലാതെ നിങ്ങൾ ഓടും ആരും നിങ്ങളെ ഓടിക്കുന്നില്ല പക്ഷേ നിങ്ങൾ ഓടിപ്പോകേണ്ടി ഇതെല്ലാമായിട്ടും നിങ്ങൾ എന്റെ വാക്ക് കേൾക്കാതിരുന്നാൽ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഞാൻ നിങ്ങളെ ഏഴ് മടങ്ങ് ശിക്ഷ നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം സിൻ പാപം നിമിത്തം മടങ്ങ് ഞാൻ നിങ്ങളെ ശിക്ഷിക്കും ഞാൻ നിങ്ങളുടെ ബലത്തിന്റെ പ്രതാപം കെടുക്കും ബലത്തിന്റെ പ്രതാപം കെടുത്തിക്കളയും ഇല്ലായ്മ ചെയ്യും നിങ്ങളുടെ ആകാശത്തെ ഇരുമ്പ് പോലെയും ഭൂമിയെ ചെമ്പ് പോലെയുമാക്കും നിങ്ങളുടെ ശക്തി വെറുതെ പോകും നിങ്ങളുടെ ശക്തി വെറുതെ പോകും നിങ്ങളുടെ ദേശം വിളവ് തരാതെയും ദേശത്തിലെ വൃക്ഷം ഫലം കായ്ക്കാതെയും ഇരിക്കും നിങ്ങളുടെ ദേശം വിളവ് തരാതെയാകും ദേശത്തിലെ വൃക്ഷങ്ങൾ ഫലം കായ്ക്കാതെയാകും നിങ്ങൾ എനിക്ക് വിരോധമായി നടന്ന് എന്റെ വാക്ക് കേൾക്കാതിരുന്നാൽ ഞാൻ നിങ്ങളുടെ പാപങ്ങൾക്ക് തക്കവണ്ണം പാപങ്ങൾക്ക് തക്കവണ്ണം ഏഴ് മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ ഏഴുമടങ്ങ് ബാധ ഏഴ് മടങ്ങ് ബാധ നിങ്ങളുടെ മേൽ വരുത്തും ബാധ വരുന്നു എന്തുകൊണ്ട് നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം പാപങ്ങൾ നിമിത്തം ഏഴ് മടങ്ങ് ബാധ നിങ്ങൾക്ക് വരുത്തും ദൈവത്തിന് സ്തോത അടുത്ത വാക്യം അയക്കാം ഞാൻ നിങ്ങളുടെ ഇടയിൽ കാട്ടു അയക്കും കാട്ടു മൃഗങ്ങളെ അയയ്ക്കും അവ നിങ്ങളെ മക്കളില്ലാത്തവരാക്കുകയും അവർ നിങ്ങളെ മക്കളില്ലാത്തവരാക്കും നിങ്ങളുടെ കന്നുകാലികളെ നശിപ്പിക്കുകയും കന്നുകാലികളെ നശിപ്പിക്കും നിങ്ങളെ എണ്ണത്തിൽ കുറയ്ക്കുകയും ചെയ്യും അതിന് നിങ്ങൾ ചിലരെ മരിച്ചു പോകേണ്ടി വരും നിങ്ങളുടെ വഴികൾ പാഴായി കിടക്കും നിങ്ങളുടെ വഴികൾ പാഴായി കിടക്കും ഇവയാലും നിങ്ങൾക്ക് ബോധം വരാതെ ഇതൊക്കെയായിട്ട് നിങ്ങൾക്ക് ബോധം വരുന്നില്ല നിങ്ങൾ മനംതിരിയുന്നില്ലെങ്കിൽ നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഇനിയും നിങ്ങൾ എനിക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായി നടന്നാൽ ഞാനും നിങ്ങൾക്ക് വിരോധമായിരിക്കും നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഏഴ് മടങ്ങ് നിങ്ങളെ ദണ്ഡിപ്പിക്കും നിങ്ങളുടെ പാപങ്ങൾ നിമിത്തം ഏഴ് മടങ്ങ് ഞാൻ നിങ്ങളെ ദണ്ണിപ്പിക്കും വീണ്ടും വായിക്കാം ആവർത്തന പ്രസ്ഥ ഇരുപത്തിയെട്ടാം അധ്യായം ആവർത്തന പ്രസ്ഥ ഇരുപത്തിയെട്ടാം അധ്യായം നമുക്കെടുക്കാം വ്യക്തമായ ചില കാര്യങ്ങൾ ദൈവത്തിന്റെ വചനം നമുക്ക് ധരികയാണ് ദൈവത്തിന്റെ വചനം നീക്കുപോക്കില്ലാത്ത വചനം മാറ്റമില്ലാത്ത വചനം ചില കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു എന്താണ് പറയുന്നു ആവർത്തന പുസ്തകം അധ്യായത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി പറയുന്നു അധ്യായം ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ പതിനാറാം മാക്കിമർ വായിക്കാം പട്ടണത്തിൽ നീ ശീ ശരിക്കും വയലിലും ശബിക്കപ്പെട്ടിരിക്കും നിന്റെ കൊട്ടയും മാവ് കുഴക്കുന്ന തൊട്ടിയും ശവിക്കപ്പെട്ട് നിന്റെ കൊട്ട ശവിക്കപ്പെട്ടിരിക്കും മാവ് ഒഴിക്കുന്ന തൊട്ടി നിനക്ക് നിന്റെ ഗർഭഫലവും കൃഷിഫലവും കന്നുകാലികളുടെ പേറും ആടുകളുടെ പിറപ്പും ശഭിക്കപ്പെട്ടിരിക്കും നിന്റെ ഗർഭഫലം ശവിക്കപ്പെട്ടു പോകും കൃഷിഫലം ശവിക്കപ്പെട്ടു പോകും കന്നുകാലിന്റെ പേര് ശവിക്കപ്പെട്ടു പോകും ആടുകളുടെ പിറപ്പും ശവിക്കപ്പെട്ടിരിക്കും അകത്ത് വരുമ്പോൾ നീ ശ അകത്ത് വരുമ്പോൾ നീ ശവിക്കപ്പെട്ടിരിക്കും പുറത്തു പോകുമ്പോൾ നീ ശരിക്കും പുറത്തു പോകുമ്പോൾ നീ ശവിക്കപ്പെട്ടിരിക്കും നിന്റെ വരവിലും നിന്റെ പോക്കിലും നിനക്ക് ശാപങ്ങൾ വരും എന്നെ ഉപേക്ഷിച്ച് ചെയ്ത ദുഷ്പ്രവർത്തികൾ നിമിത്തം നീ വേഗത്തിൽ മുടിഞ്ഞു പോകും ദുഷ്പ്രവർത്തികൾ നിമിത്തം നീ വേഗത്തിൽ മുടിഞ്ഞു പോകും നിന്റെ കൈ തൊടുന്ന എല്ലാറ്റിലും യഹോവ ശാപവും പരിഭ്രമവും പ്രാക്കും അയക്കും ശാപവും പരിഭ്രമവും പ്രാക്കും നിന്നെ പിൻഗവിക്കും നീ കൈവശമാക്കുവാൻ ചെല്ലുന്ന ദേശത്ത് നിന്ന് നിന്നെ മുടിച്ചു കളയും വരെ യഹോവ നിനക്ക് മഹാമാരി പിടി മഹാമാരികൾ മഹാവ്യാധികൾ പിടിപെടും ക്ഷയരോഗം ജ്വരം പുകച്ചൽ അത്യുഷ്ണം വരൾച്ച വെൺകതിർ വിഷമഞ്ഞ് എന്നിവയാൽ യഹോബാദിന്റെ ബാധിക്കും അനേകനേകം രോഗങ്ങളാലും വ്യാധികളാലും മഹാമാരികളാലും ദൈവം തന്നെ ബാധിക്കും നീ നശിക്കും വരെ അവ നിന്റെ പിന്തുടരും നീ അവസാനം നശിച്ചു വരും നിന്റെ തലയ്ക്ക് മീതയുള്ള ആകാശം ചെമ്പും നിനക്ക് ഭൂമി ഇരുമ്പുമാകും ദൈവത്തിന് സ്തോത്രം വീണ്ടും നോക്ക് വായിക്കാം ഇരുപത്തിയെട്ടാം അധ്യായത്തിൽ തന്നെ ഇരുപത്തിയെട്ടാം അധ്യായത്തിന്റെ അൻപത്തി ഒൻപതാം വാക്യം വായിക്കാം യുടെ മേലും നീണ്ടു നിൽക്കുന്ന അപൂർവമായ മഹാബാധകളും നീണ്ടു നിൽക്കാത്ത രോഗങ്ങളും നീണ്ടു നിൽക്കുന്ന വല്ലാത്ത രോഗങ്ങളും വരുത്തും യഹോവ യഹോവ നിന്റെ മേലും നിന്റെ സന്തതിയുടെ മേലും അപൂർവമായ മഹാബാധകളും നീണ്ടു വല്ലാത്ത രോഗങ്ങളും വരുത്തും നീ പേടിക്കുന്ന ിസ്രൈമിലെ വ്യാധികളൊക്കെയും അവൻ നിന്റെ മേൽ വരുത്തും മിസ്രൈമിലെ വ്യാധികൾ പത്ത് ബാധകൾ മിസ്രൈമിലുണ്ടായി അതെല്ലാം നിനക്ക് വരും അവൻ നിന്നെ പറ്റിപ്പിടിക്കും അവ നിന്നെ പറ്റി ഈ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിട്ടില്ലാത്ത സകല രോഗവും സകല രോഗവും ബാധയും കൂടെ ബാധയും കൂടെ നീ നശിക്കും വരെ യഹോവൻ നിന്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും നശിക്കുന്നതുവരെ യഹോവനിന്റെ മേൽ വരുത്തിക്കൊണ്ടിരിക്കും വീണ്ടും ഇരുപത്തിയൊമ്പതാം അധ്യായം ഇരുപത്തിയൊന്നതാം അധ്യായം എവിടെയും ബാധയെക്കുറിച്ച് പറയും ഇരുപത്തി ഒന്നാം വാക്യം നിങ്ങളുടെ ശേഷമുണ്ടാകുന്ന തലമുറയായ നിങ്ങളുടെ മക്കളും ദൂരദേശത്ത് നിന്ന് വരുന്ന അന്യനും ദേശത്തിലെ ബാധകളും യഹോവ അവിടെ വരുത്തിയ രോഗങ്ങളും യഹോവ തന്റെ കോപത്തിലും ക്രോധത്തിലും വരുത്തിയതായ ബാധകൾ നിനക്കും നിന്റെ സന്തതിക്കുണ്ടാകും നിനക്ക് മാത്രമല്ല അതാണ് പറയുന്നത് നിങ്ങളുടെ ശേഷം ഉണ്ടാകുന്ന തലമുറയായ നിങ്ങളുടെ മക്കളും അതിലെ ദൂരദേശത്തു നിന്ന് വരുന്ന അന്യനും ദേശത്തിലെ ബാധകളും യഹോവായ വരുത്തിയ രോഗങ്ങളും എല്ലാം ദൈവത്തിന്റെ കോപവും ക്രോധവും മൂലം പ്രിയപ്പെട്ടവരെ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾ പരിഭ്രമിക്കേണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് എല്ലാം ഒരു സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം മായച്ച് കർത്താവായ യേശുവിന് കഴിയും ഒരു നിമിഷം കൊണ്ട് എല്ലാം മായച്ച് തരും ബാധകളെല്ലാം മാറ്റിത്തരും ഒരു സെക്കൻഡ് നേരം രക്ഷകനായ മിശിഹാദംബുരാന്റെ തിരുവിലാവ് തുറന്നൊഴുകിയ ആ തിരി രക്തത്തിന്റെ ഒരു തുള്ളി നിന്റെ മേൽ വീണാൽ മകനെയ ബാധകളൊക്കെ മാറും അതിന് നീ സഭ എന്നാണ് ഞാൻ പറയാറ് നീ സമുദായം എന്നാണ് പറയാറ് ദൈവത്തിന് സ്തോത്രം പ്രിയപ്പെട്ടവരെയും ഞാൻ പറയട്ടെ നിങ്ങളുടെ ജോലി വിടണ്ട നിങ്ങളുടെ കുടുംബം വിടണ്ട നിങ്ങളുടെ ഭാര്യയോ ഭർത്താവിനെയോ ഉപേക്ഷിക്കേണ്ട നിങ്ങളുടെ വരുമാനത്തെ നിങ്ങൾ തടയേണ്ട കേൾക്കൂ നിങ്ങൾ കേൾക്കൂ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം കർത്താവ് നിങ്ങൾക്ക് തരും എന്നാൽ ഒന്നും നിങ്ങളിൽ പറ്റി പിടിക്കുകയില്ല ഒന്നും നിങ്ങളെ ബാധിക്കുകയില്ല നിങ്ങളുടെ ഹൃദയം എപ്പോഴും എപ്പോഴും ക്രിസ്തുവിൽ പറ്റിച്ചേർന്നിരിക്കും ക്രിസ്തു ആയിരിക്കും നിങ്ങളുടെ ലക്ഷ്യം ക്രിസ്തു ആയിരിക്കും നിങ്ങളുടെ നിങ്ങളുടെ ലാക്ക് ക്രിസ്തുവായിരിക്കും നിങ്ങളുടെ നോട്ടം ക്രിസ്തുവിലേക്കായിരിക്കും നിങ്ങളുടെ ലക്ഷ്യം ക്രിസ്തുവിനെ നോക്കിയായിരിക്കും നിങ്ങൾ പോകുന്നത് ക്രിസ്തുവിനോട് ചേർന്നായിരിക്കും നിങ്ങൾ നടക്കുന്നത് ദൈവത്തിന് സ്തോത്രം ബാധയില്ലാത്ത നാട്ടിലേക്ക് ചെല്ലാൻ ക്രിസ്തു നിങ്ങളെ ഒരുക്കും സഹോദരങ്ങളെ ഒരു വാക്യം ഇപ്പോൾ വായിക്കട്ടെ വരും ദിവസങ്ങളിലെ വൈവ് ക്ലാസ്സിലെ പറയാനുള്ളതാണ് ആ വാക്യം ഇപ്പോൾ ചേർത്ത് വായിക്കാം കാണാം ദൈവത്തിന് സ്തോത്രം വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം അധ്യായം പുസ്തകം ഒടുവിലത്തെ അധ്യായത്തിന്റെ അതിന്റെ ആദ്യത്തെ ഭാഗമാണ് വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടാം മൂന്നാം വാക്യമാണെന്ന് എനിക്ക് തോന്നുന്നു മൂന്നാം വാക്യം യാതൊരു ശാപവും ഇനി ഉണ്ടായിരിക്കുകയില്ല എന്ന് പറയുന്നത് വെളിപ്പാട് പുസ്തകം അധ്യായം അധ്യായത്തിന്റെ രണ്ടാം മൂന്നാം വാക്യം യാതൊരു ശാപവും ഇനി ഉണ്ടാകില്ല യാതൊരു ശാപവുംയില്ല യാതൊരു ബാധയിനി ഉണ്ടാകയില്ല എല്ലാ ബാധയും മാറും എല്ലാ ശാപവും മാറും തലമുറകളോട് പകർന്നു വന്ന ശാപങ്ങളുണ്ട് കാരണവുമരുടെ കാലത്ത് ചെയ്തു കൂട്ടിയ വ്യഭിചാരത്തിന്റെയോ കൊലപാതകത്തിന്റെയോ കവർച്ചയുടെയോ അശുദ്ധമായ ജീവിതത്തിന്റെയോ എല്ലാ ബാധകളും തലമുറ തലമുറയായി പകർന്നു വന്നതുണ്ട് പ്രിയപ്പെട്ടവരെ ഇന്ന് ശാസ്ത്രം പറയുന്നതുപോലെ ജനിച്ചിക്കായി െ പകർന്നു വന്നതായി ചില സവിശേഷതകളും ചില പ്രത്യേകതകളും ചില പ്രവണതകളും ഉണ്ട് ഇതെല്ലാം മാഞ്ഞുപൊയ്ക്കൊള്ളും എല്ലാം പോകും നമ്മുടെ രക്തത്തിൽ അലിഞ്ഞുകിടക്കുന്നതായ ദുഷിച്ച പാരമ്പര്യ പ്രവണതകളെല്ലാം തകർന്നു പോയിട്ട് യേശു നമ്മുടെ ഹൃദയത്തിൽ വാഴുമ്പോൾ ക്രിസ്തുവിന്റെ നമ്മുടെ സ്ഥിരകളിലൂടെ ഒഴുകും ദൈവത്തിന് സ്തോത്രം അതിനെ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്താണ് ഞാൻ ചെയ്യേണ്ടത് നിങ്ങളുടെ മനസ്സിൽ ചോദ്യമുണ്ട് അതിനെന്താണ് ചെയ്യേണ്ടത് ഇന്നലെ രാത്രി വളരെ അനുഗ്രഹപ്രദമായ പ്രസംഗത്തിൽ പ്രിയപ്പെട്ട സി മാത്യു സാർ അത് പറയുകയുണ്ടായി നാം ഒന്നും ചെയ്യണ്ട എന്ന് ഒന്നും ചെയ്യണ്ട ആകെ ചെയ്യാനുള്ളതെല്ലാം യേശു ക്രിസ്തു ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഇത് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റുമോ പ്രിയപ്പെട്ടവരെ ഞാൻ ചിന്തിക്കാറുണ്ട് എന്റെ കർത്താവെ നീ പറഞ്ഞ വാചകം ഈ പിതാവിയെ സ്വർഗ്ഗത്തിനുഭൂമിക്കുന്ന നാഥനായുള്ളവേ നീ വ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതുകൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു അതേ പിതാവെ ഇങ്ങനെയല്ലോ എനിക്ക് പ്രസാദം തോന്നിയത് പലർക്കും മനസ്സിലാവുകയില്ല ജ്ഞാനിയായിരിക്കാം ഡിഗ്രികൾ കാണുമായിരിക്കാം നല്ല ബുദ്ധിശാലിയായിരിക്കാം നല്ല കഴിവുള്ള ആളായിരിക്കാം പക്ഷേ ആത്മീയം മനസ്സിലാകുകയില്ല ആത്മീയത്തിന് ഹൃദയം തുറക്കാൻ സാധിക്കുകയില്ല എന്നാൽ പ്രിയപ്പെട്ടവരെ എട്ടും പൊട്ടും തിരിയാത്ത പാവപ്പെട്ടവർക്ക് മനസ്സിലായി കിട്ടുന്നു ഇതൊരു മഹാമർമ്മമാണ് യേശു ജീവിതത്തിലേക്ക് വരിക എന്ന് പറയുന്നത് യേശുവിന് തിരി രക്തം സ്ഥിരകളിലൂടെ ആരോടും പരിഭവം ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് ആരോടും പിണക്കമില്ലാതിരിക്കുക എന്ന് പറയുന്നത് ആരെക്കുറിച്ചും മുൻവിധിയില്ലാതിരിക്കുക എന്ന് പറയുന്നത് ആരെക്കുറിച്ചും പരാതിയില്ലാതിരിക്കുക എന്ന് പറയുന്നത് ഇത് സാധ്യമാണ് എന്ന് ദൈവത്തിന്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് മാത്രമല്ല അനുഭവങ്ങളുള്ളവരുണ്ട് ദൈവത്തിന് സ്ത്രോത്രം അനുഭവിക്കുന്നവരുണ്ട് ഹൃദയത്തിൽ ഈർഷ്യയില്ല ഹൃദയത്തിൽ മുൻവിധിയില്ല ഹൃദയത്തിൽ പരാതിയില്ല ഹൃദയത്തിൽ പരിഭവമില്ല ആരോടും വഴക്കില്ല ആരോടും പിണക്കമില്ല ഹൃദയത്തിൽ നിഷ്കളങ്കമായ സ്നേഹം മാത്രം ആത്മാവിനെ മാത്രം കാണുന്നു എന്റെ ദൈവമേ ഇവരെല്ലാവരും നിൻ രാജ്യത്തിലെത്തണമേ നിന്റെ സന്നിധിയിലേക്ക് വന്നുചേരാൻ ണമേ ഈ ഒരു പ്രാർത്ഥന മാത്രം ക്രിസ്തുവിന്റെ സ്നേഹത്താൽ ഉള്ളം തുടിക്കുന്നു ക്രിസ്തുവിന്റെ തിരി സിരകൾ നിറയുന്നു ക്രിസ്തുവിന്റെ തിരി അത്ഭുതശക്തിയാൽ ജീവിതം രൂപാന്തരപ്പെടുന്നു ക്രിസ്തു നമ്മിൽ ആധിപത്യം ഉറപ്പിക്കുന്നു ക്രിസ്തു നമ്മെ നയിക്കുന്നു ക്രിസ്തുവിന്റെ ക്രപാതമിലേക്ക് ഒഴുകുമ്പോൾ ശാപങ്ങൾ മാറിപ്പോവുകയാണ് നമ്മുടെ ഹൃദയം രൂപാന്തരപ്പെടുകയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുകയില്ല നിങ്ങൾക്കും മനസ്സിലായില്ലെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി എന്റെ യേശുവേ എനിക്ക് തോന്നുന്നു മനസ്സിലാകുന്നില്ലല്ലോ ഈ ശാപം മാറുക ബാധ മാറുക ക്രിസ്തുവിന്റെ തിരി രക്തത്താൽ ശുദ്ധീകരണം കിട്ടുക എനിക്ക് മനസ്സിലാകുന്നില്ലല്ലോ കർത്താവേ ഇതെനിക്കൊന്ന് അനുഭവമാക്കി തരണമേ നിങ്ങൾ എളിമയോടൊന്ന് പ്രാർത്ഥിച്ചാൽ മതി പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ നിങ്ങൾ വാസ്തവമായും ഒരു ലളിതഹൃദയത്തോടെ ഒരു നിഷ്കളങ്ക മനസാക്ഷിയോടെ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്റെ കർത്താവെ എനിക്കത് മനസ്സിലാക്കി തരണമേ എന്റെ ജീവിതത്തിൽ കൊറേ ബാധകളുണ്ടെന്ന് എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിൽ വിട്ടുപരിയാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ടെന്ന് മനസ്സിലായി എനിക്ക് എത്ര തവണ ഏറ്റു പറഞ്ഞിട്ടും പോകാത്ത ചില മനസ്സിലായി എന്റെ ദൈവമേ പാപം മൂലം സാത്താൻ അവകാശം പറയുന്നുണ്ടെന്ന് മനസ്സിലായി എന്റെ കർത്താവെ തന്മൂലം എന്റെ ദൈവമേ പല ചീത്ത കൂട്ടുകെട്ടുകളിലേക്കും പോകേണ്ടി വന്നു എന്ന് മനസ്സിലായി കർത്താവെ ഇതെല്ലാം മാറ്റിത്തരാൻ നിനക്ക് മാത്രമേ കഴിയൂ കാരണം നീയാണ് എന്റെ പാവം വഹിച്ച് കുരിശിൽ മരിച്ചത് നീയാണ് എന്റെ പാപത്തിന് ശിക്ഷ കുരിശിലേറ്റത് ഭരണിയുള്ള കർത്താവേ നീ എത്രേ എന്റെ പാപം ചുമന്നത് നിന്റെ തിരക്തമാണ് എനിക്ക് വേണ്ടി ഒഴുക്കിയത് ഞാൻ പാവി ഞാൻ മഹാപാവി നീയോ പാപം ചെയ്തിട്ടില്ല പാവിയായ എന്റെ പാപത്തിന് ശിക്ഷ നീ വഹിച്ചുകൊണ്ട് നീ കുരിശിൽ കടന്നു നിന്റെ തിരുശരീരം കുരിശിൽ അർപ്പിക്കപ്പെട്ടു നിന്റെ കൈകൾ വിരിച്ചു ആണിയടിച്ചു നിന്റെ കാലുകൾ ആണിയടിച്ച് തകർന്നു യേശുവെ ഞാൻ വിശ്വസിക്കുന്നു നിന്റെ മുഖത്ത് നീ തുപ്പലേറ്റു നിന്റെ കന്നത്ത് നീ അടിയേറ്റു കവളത്തിന് രോഗങ്ങൾ പിഴെടുക്കാൻ നീ വിട്ടുകൊടുത്തു എന്റെ യേശുവെ നിന്റെ തിരുവിലാവിലേക്ക് കുന്തം കൊണ്ട് കുത്തി തൂക്കപ്പെട്ടു മരത്തിൽ വിലാവു തുറന്നു ആ ചവളം രക്തം വെള്ളമൊഴുകുന്ന വിശു യേശുവെ ഞാൻ വിശ്വസിക്കുന്നു നീ എനിക്കിൽ മരിച്ചു എന്ന് യേശുവെ ഇന്ന് അവസാനിക്കുന്നതിന് മുൻപ് നിന്റെ തിരു ഒരു തുള്ളി എന്റെ നെത്തിയിൽ പുരട്ടിവിടുമോ എന്റെ നാഥ ഇന്ന് ഈ രാത്രി നിന്റെ തിരു ഒരു തുള്ളി എന്റെ നെത്തിയിൽ ഒന്ന് പുരട്ടിവിടുമോ എന്നെ നീ ഒന്ന് അനുഗ്രഹിക്കുമോ ശാപങ്ങൾ നീ മാറ്റുമോ എന്റെ ജീവിതത്തിലേക്ക് അനുഗ്രഹം അലവല്ലി കടന്നു വരുമോ എന്റെ മേൽ ക്രമയുടെ കരം വയ്ക്കുമോ എന്നെ നീ ഒന്ന് രൂപാന്തരപ്പെടുത്തുമോ എന്നെ നീ അനുഗ്രഹിക്കുമോ എന്റെ മേൽ ക്രമ പകരുമോ യേശുവേശ് ഞാൻ എന്നെ തന്നെ കരങ്ങളിലേക്ക് വിട്ടുതരുന്നു ഒരു വ്യവസ്ഥയും കൂടാതെ എന്നെ തന്നെ വിട്ടുതരുന്നു കമ്മിറ്റ് അവനെ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും അവനത് ും ദൈവജനമേ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഞാനിത് പറയുമ്പോഴത്തു പറയുക നിന്റെ വഴിയ ഹോവയെ ഭരമേൽപ്പിക്കുക നിന്റെ അവനെ തന്നെ ആശ്രയിക്കുക അവനത് നിർവഹിക്കും അവനത് നിർവഹിക്കും യേശുക്രി നിർവഹിക്കും യേശുക്രിസ്തുവിന്റെ ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു തരും യേശുക്രിസ്തുവിന്റെ ബാധകൾ മാറ്റിത്തരും യേശുക്രിസ്തു എന്റെ ശാപങ്ങൾ നീക്കിത്തരും യേശു ക്രിസ്തു യേശുക്രിന്റെ ഹൃദയത്തിൽ രൂപാന്തരം വരുത്തും യേശുക്രി ഹൃദയത്തിൽ കരുണയുള്ള യേശുവേണയുള്ള തിരി രക്തത്തിന്റെ ഒരു തുള്ളി തുള്ളി എന്നെറ്റ് മേൽ പുരട്ടണമേറ്റേൽ സാധാരണ ഉപേക്ഷിക്കുന്നു തീരുമാനിക്കുന്ന കാര്യങ്ങൾ എന്ന് ഉയർത്തു പ്രിയപ്പെട്ടവരെ తవరె మీకు ఇంపు కర ఉయర్తివర్కు ఒన్ ఎడుని నిల్కామో హల్లెలూయా కారంగలు ఉయర్తివర్ ఒన్ ఎడుని నిల్కామో ఎడుని నిన్నొండ్ కారంగలు వీండు ఉయర్తామో హల్లెలూయా హల్లెలూయా హల్లెలూయా హల్లెలూయా హల్లెలూయా హల్లెలూయా హల్లెలూయా హల్లెలూయా హల్లెలూయా హల్లెలూయా హల్లెలూయా హల్లెలూయా హల్లెలూయా హల్లెలూయా హల్లెలూయా హల్లెలూయా హల్లెలూయా ൾ താഴ്ത്തിയിടുക പ്രാർത്ഥിക്കാം കരുണയുള്ള കർത്താവേ ഈ നല്ല മനോഹരമായ രാത്രിക്ക് ആയി സ്ത്രം അവിടെ ജീവന്റെ തിരുവചനങ്ങൾക്കായി സ്ത്രോത്രം വന്നു അനുഗ്രഹിക്കപ്പെട്ട മക്കൾക്കായി സ്ത്രോത്രം കർത്താവ് അവിടെ നിന്ന് അനുഗ്രഹിക്കുന്നതിനായി സ്ത്രോത്രം കർത്താവ് ജനത്തിന്റെ മേലിന്റെ കരം വെച്ചതിനായി സ്ത്രോത്രം തിരു രക്തത്തിന്റെ ഓരോ തുള്ളി ദാഹിക്കുന്നവരുടെ ശരസിൽ പുരട്ടിയതിനായി സ്ത്രോത്രം ഇന്നു മുതൽ പുതിയ സൃഷ്ടിയാകുവാനുള്ള ഭാഗ്യം നൽകിയതിനായി സ്ത്രോത്രം മഹത്വം അരുവരക്ഷകനായ യേശുവിന് മാത്രം യേശു ക്രിസ്തുവിന്റെ രാജകീയ നാമത്തിൽ തന്നെ